ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇനി സന്ധ്യാസമയം ഈ വിശുദ്ധ സഭയിൽ ഈ വിശുദ്ധ ജനത്തോടും കർത്താവിൻ്റെ ദാസന്മാരോടുമൊപ്പം ഈ വിശുദ്ധ തിരുവചനവുമായി നിൽക്കുവാൻ എനിക്കൊരിക്കൽ കൂടി ലഭിച്ച ഈ വലിയ ഭാഗ്യത്തെ ഓർത്തിയാൽ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പേരുപചന്ദ്രൻ എന്നാണ് എന്നാൽ എനിക്ക് പിൽക്കാലത്ത് പോലീസിട്ട പേരാണ് മുഹമ്മ ചന്ദ്രൻ എന്ന് ഇപ്പോൾ ചന്ദ്രൻ മുഹമ്മ എന്നാണ് എന്നെ അറിയുന്നത് പലർക്കും ഞാൻ മുസ്ലിം ആണോ എന്നൊരു സംശയം വന്നു മുഹമ്മദ് ചന്ദ്രൻ എന്നൊക്കെ പേര് കേട്ടപ്പോൾ അതുകൊണ്ട് അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തി എന്നെ എല്ലാവരും അറിയുന്നത് മുഹമ്മദ് ചന്ദ്രൻ എന്നാണ് എന്നാൽ ഇന്ന് ഈ തിരുവചന പുസ്തകവുമായിട്ട് ഒരിക്കൽ കൂടി എനിക്കിത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ലഭിച്ച ഭാഗ്യം പാപത്തെ വെറുക്കുകയും പാവിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിൻ്റെ സ്നേഹമാണ് ഈ നിൽക്കുന്ന ഞാൻ കർത്താവ് പാവികളെ രക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു വേസ്റ്റായി തീർന്ന മനുഷ്യനാണ് നമ്മുടെ കേരളത്തിൽ മനുഷ്യർ ബേസ്റ്റായാൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേസ്റ്റായാൽ നമുക്ക് കൊണ്ടുപോയി അടുത്ത ചവിറ്റുകൂട്ടയിലിടുവാനായിട്ട് കഴിയും എന്നാൽ മനുഷ്യർ വേസ്റ്റായാലും കൊണ്ടുപോയിടുന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ മൂന്ന് സ്ഥലമുണ്ട് മൂന്ന് സെൻട്രൽ ജയിലുകളുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിൽ വിയൂര് സെൻട്രൽ ജയില് കണ്ണൂർ സെൻട്രൽ ജയില് ഈ മൂന്ന് ജയിലുകളിലാണ് വേസ്റ്റായി പോണ മനുഷ്യനെ കൊണ്ടുപോയിടുന്നത് അവിടെ ബേസ്റ്റായിട്ട് അവിടുത്തെ ഏറ്റവും നാർന്ന വേസ്റ്റായി തീർന്നൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു തെരുവ് നായിയുടെ പോലും വിലയില്ലാതെ ഒരു തെരുവ് നായിടെ പോലും സ്വാതന്ത്ര്യമില്ലാതെ അതുപോലെ മനുഷ്യൻ വെറുത്തൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ജീവിതത്തിൻ്റെ ആ എൻ്റെ കുടുംബജീവിതം കണ്ട് ഞാൻ ഈ ലോകത്തിൻ്റെ മോഹിയായിത്തീർന്നു എൻ്റെ വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ കൂടോത്രം മന്ത്രവാദം ഇതൊക്കെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പം പൂജാരിയായിരുന്നു അപ്പം വലിയൊരു മന്ത്രവാദിയായിരുന്നു അവരുടെ ഒക്കെ കൂട്ടത്തിൽ എൻ്റെ അപ്പൻ്റെ മൂത്ത മോനായിട്ട് ആദ്യമായിട്ട് ജനിച്ച ആൺ പൈതലായിരുന്നു അവരെന്നെ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തി എന്നാൽ വീട്ടിലെ അനാചാരങ്ങൾ കണ്ട് ഞാൻ ഈ ലോകത്തിൻ്റെ മോഹിയായിട്ട് ഈ ലോകത്ത് കാണുന്ന മിന്നുന്നതും ഭംഗിയുള്ളതുമൊക്കെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിച്ചു അതിനുള്ള എളുപ്പ വഴി എൻ്റെ തന്നെ ഉണ്ടായിരുന്ന ഒരു ശക്തി എന്നെ നയിക്കുവാനായിട്ട് തുടങ്ങി ആ ശക്തി വഴി എനിക്ക് എന്നെ നടത്തി എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ശക്തി എന്നെ നയിച്ചുകൊണ്ടിരുന്നു എളുപ്പം പണമുണ്ടാക്കാനുള്ള മാർഗവും ആ ശക്തി എനിക്ക് പറഞ്ഞു തന്നു എളുപ്പം പണമുണ്ടാക്കാനുള്ള മാർഗ്ഗം ഇപ്പോൾ പലരെയും പോലീസ് കുടിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് എന്തുവാ മോഷണം അതാണ് ഏറ്റവും എളുപ്പം ഞാൻ കണ്ടെത്തിയ വഴി അതിനെ ഫസ്റ്റിലെ തിരഞ്ഞെടുത്തത് എൻ്റെ അപ്പൻ്റെ പോക്കറ്റാണ് അതിലിന്ന് ചില്ലറ നാണയങ്ങൾ പെറുക്കി തുടങ്ങി പിന്നെ അത് അടുത്തുള്ളവർക്ക് ഷട്ടൂരി ഇടാൻ പറ്റാത്ത അവസ്ഥയായി അവരുടെ പോക്കറ്റിൽ ഇന്ന് തുടങ്ങി പലയിടത്തും പിടിക്കപ്പെട്ടു ഏതാണ്ട് പതിനാല് വയസ്സ് വരെയൊക്കെ വീട്ടിലിങ്ങനെ ഞാൻ തങ്ങി നിന്നു അതുകഴിഞ്ഞ് നാണക്കേട് സഹിക്കുകയ്യാതെ പതിനാലാമത്തെ വയസ്സിൽ നാടുവിട്ടു നാട് വിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കയറി വന്നത് ഈ എറണാകുളത്താവണി ഇവിടെ ഒരു പച്ചക്കറി കടയിൽ ജോലി സമ്പാദിച്ചു ഇവിടെ ചക്കരപ്പറമ്പിനടുത്തുള്ള കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ കടയിലാണ് എനിക്ക് ജോലി ലഭിച്ചത് അവിടെ നിന്ന് കൊണ്ട് തന്നെ എൻ്റെ എന്നെ നയിക്കുന്ന ശക്തി എൻ്റെ ശ്രദ്ധ മുഴുവനും എളുപ്പം പണമുണ്ടാക്കാനുള്ള ആരെയാണ് കിട്ടുന്നത് അതിനെന്താണ് മാർഗം എന്നാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്ന നല്ല കൂലിയും തരുമായിരുന്നു നന്നായിട്ട് ഭക്ഷണവും കിടക്കാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം വലിയൊരു പണക്കാരനാകണം ഇന്ന് കാണുന്ന പോലെയൊക്കെ ഉള്ളതൊക്കെ എനിക്കും വേണം അന്ന് മൊബൈലൊന്നുമില്ല പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാലും നല്ല മിനുങ്ങുന്ന കാറുകളൊക്കെ കണ്ടപ്പോൾ അതുമൊക്കെ എനിക്ക് വേണമെന്ന് തോന്നുന്നു അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ സുഖവും എനിക്കും കൂടി അനുഭവിക്കണമെന്നുള്ള ആ മനസ്സ് ഈ ശക്തി എനിക്ക് തന്നുകൊണ്ടിരുന്നു എനിക്ക് പറ്റിയ ചില കൂട്ടുകാരെയൊക്കെ കിട്ടി എന്നാൽ അവരും ഒക്കെ കൂടി കൂടി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ നടത്തി അവിടെയും പിടിക്കപ്പെട്ടു പിന്നെ അവിടുന്ന് പതിയും മാറി പിന്നെ എന്നെ എറണാകുളത്തെ സംഭവത്തിൽ തന്നെ ഞങ്ങളെ നാലഞ്ച് പേരെ ഒരുമിച്ച് പള്ളൂരുത്തിൽ വെച്ച് പിടിച്ചു ടാക്സിൻ്റെ അമയന്തരം അങ്ങനെ വളരെ പ്രസിദ്ധി ആയിട്ടുള്ള മോഷ്ടാക്കളുടെ പേരൊക്കെ അവരൊക്കെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവർ പോലീസിൻ്റെ അടിയുടിയൊക്കെ കൊണ്ട് അവർ പോയി ഈ ലോകത്തു മാറ്റം വന്നു പോയി അവരൊന്നും എൻ്റെയൊക്കെ പ്രായക്കാരായിരുന്നു അവരൊന്നും വളർന്നില്ല അതിനുമുമ്പേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ഞാൻ മോഷണം കൂട്ടുകാരെയൊക്കെ വിട്ടു ഞാൻ മോഷണത്തിൻ്റെ ഒന്നാമത്തെ ബാലവാടം കുറിച്ച് തുടങ്ങി ഇവിടെ ഷേണാസിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അമ്മൻ കോവിലെന്ന് പറഞ്ഞ് വലിയൊരു കോവിലുണ്ട് അത് ഇന്ന് വളരെ പൊക്കത്തിലാണ് ഉയരത്തിലുള്ള എറണാകുളത്ത് ഒരു ക്ഷേത്രമാണ് അതിൻ്റെ മുകളിൽ മുഴുവനും വിഗ്രഹങ്ങളുടെ പടമാണ് എല്ലാം കൊത്തിവെച്ചിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് രണ്ടൊരു മുപ്പത്തഞ്ച് കിലോത്തോളവും സ്വർണാഭരണങ്ങളും തിരുവാഭരണങ്ങളെന്നാണ് പറയുന്നത് അതും അവിടുത്തെ സ്വർണത്തിൻ്റെ അങ്കിയും ആദ്യമായിട്ട് മോഷ്ടിച്ചു പിന്നെ എറണാകുളത്ത് തന്നെയുള്ള ഈ ഇവിടെ എളമക്കരയിലുള്ള ഇതടുത്തുള്ള ദത്താത്ര എന്ന സ്ഥലത്ത് അവിടെ ഒരു കൊങ്ങണിമാരുടെ ക്ഷേത്രമുണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അറിവായിരിക്കും ഇവിടെ അടുത്തായതും അവിടുത്തെ ദത്താത്ര അപ്പനെ വളരെ തൂക്കമുള്ളതായിരുന്നു പത്ത് കിലോ തൂക്കമുള്ളതായിരുന്നു അതിനെയും അടിച്ചു മാറ്റി ആ കാലത്തൊക്കെ ഇങ്ങനെ തന്നെ പിടിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ വന്നു വിഗ്രഹങ്ങൾ കടൽ കടന്നു തസ്കരൻ പിടിയിൽ അങ്ങനെ ജയിലിൽ കയറിയും ഇറങ്ങിയും കൊണ്ടിരുന്നു പെട്ടെന്ന് പോലീസും മുഹമ്മദ് ചന്ദ്രൻ എന്നു പേരിട്ടു എപ്പോഴും പോലീസ് ഇങ്ങനെ അന്വേഷിക്കുന്ന ആളായി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് അവരവിടെ കണ്ണാടിക്കൂട്ടിൽ ഫോട്ടോ സഹിതം ഒരു പരസ്യവും കൂടി വെച്ചു പിന്നീടത് ബസ് സ്റ്റാൻഡുകളിലും ഇപ്പോൾ കാണുന്ന ടി വിയിലും ഒക്കെ അതിങ്ങനെ വന്നു ഇവനെ സൂക്ഷിക്കുക അത്രയ്ക്ക് കൊള്ളാവുന്നവനാക്കി എന്നെ ആ ശക്തി തീർത്തു ഇടുക്കൊരു കുറവുമില്ലായിരുന്നു ആഗ്രഹിച്ച പോലെ പണം സമ്പാദിച്ചു എവിടെ ചെന്നാലും പണത്തേക്കാളും കൂടുതൽ ഇടിയും കിട്ടും ജയിലുകളിൽ ചെല്ലുമ്പോൾ അഡ്മിഷൻ കയറുമ്പം കയറുമ്പോൾ ഇടി പിന്നെ അവിടെ കിടക്കുന്നവരുമായിട്ട് മൽപിടുത്തത്തിലുള്ള ഇടി ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു ഏതാണ്ട് പതിനേഴ് സബ് ജയിലുകളിലും മൂന്ന് സെൻട്രൽ ജയിലുകളിലും മാറി മാറിക്കയറ്റി നൂറ്റി അൻപതോളം കോടതികളിൽ എന്നെ ഹാജരാക്കി അവിടെയൊക്കെ ചെയ്ത കേസ് പിടിച്ച് പോലീസ് ആ കുറ്റത്തോടുകൂടി കോടതിയിൽ കുറ്റപത്രം വായിക്കുക എന്നൊരു എന്നെ അവർ കൊണ്ടുപോയി നിർത്തി കഴിയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ എല്ലാം കൂടി എഴുതി വെച്ചിട്ട് അത് വായിച്ച് കേൾപ്പിച്ചിട്ട് അവിടുത്തെ ജഡ്ജി ഇങ്ങനെ ചോദിക്കും നിങ്ങളീ കുറ്റം ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ രണ്ട് കൈകളും കൂപ്പിയിട്ട് പറയും ബഹുമാനപ്പെട്ട കോടതി ഞാൻ നിരപരാധിയാണ് ഏത് പോലീസുകാർ എത്രയൊക്കെ തള്ളി നകത്തി മൊട്ടസൂചി വരെ കയറ്റിയിട്ടുണ്ട് എന്നാലും അവരോട് പറയും സാറേ ഞാൻ നിരപരാധിയാണ് എൻ്റെ ഉള്ളിലുള്ള ശക്തി എന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത് അങ്ങനെ എനിക്ക് ജില്ലയുടെ പല ഭാഗത്തും സ്വന്തമായിട്ട് വക്കീലന്മാരായി ഇവിടെ എനിക്ക് പാലായിലുള്ള ഒരു മത്തായി എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ വക്കീൽ അദ്ദേഹത്തിന് ഇവിടെ അറിയപ്പെടുന്നത് കള്ളം മത്തായി എന്നാണ് എന്താണെന്ന് കള്ളന്മാരുടെയും ബഹുചാരികളുടെയൊക്കെ വക്കീലായിരുന്നു അതുകൊണ്ട് ഒന്ന് ഭയങ്കര കുബേരനാണങ്ങേര് കോടിക്കണക്കിന് ഒരുപാട് സ്വത്തുള്ള മനുഷ്യനാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ നിന്ന് വാങ്ങി ഞങ്ങളുടെ കേസ് ബാധിച്ചതാണ് ഇപ്പോഴും ഇവിടുത്തെ ബാറിലുണ്ട അദ്ദേഹമായിരുന്നു എൻ്റെ വക്കീൽ എറണാകുളത്ത് അതുപോലെ പല ജില്ലകളിലും എനിക്ക് വക്കീലന്മാരുണ്ടായിരുന്നു എൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ബാങ്കിലും വസ്തുക്കളും ഒക്കെ വാങ്ങിയിട്ടു എന്നെപ്പോലെ മിടുക്കൻ എന്നെപ്പോലെ കഴിവുള്ള ഒരു വ്യക്തി ഞാനാണ് എല്ലാത്തിനും കഴിവുള്ളതെന്നൊന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങി ഏതായാലും ഒരു കാര്യം മാത്രം എനിക്കില്ല സമാധാനം എന്തൊക്കെ കഴിച്ചാലും എന്തെല്ലാം സുഖത്തിൽ നടന്നാലും മനസ്സിനകത്തി സമാധാനം എന്ന് പറയുന്ന ഒന്ന് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ എപ്പോഴും ആദ്യം പേടിയും ഭയവും കണക്കിന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു മനുഷ്യനും കൂടിയായിട്ട് ഞാൻ മാറി ഞാൻ ഭയപ്പെടുന്നത് ഈ കാക്കയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം അതുപോലെ നല്ലവർ ആറടി ഉയരം അതുപോലെ നല്ല കാണാനൊക്കെ നല്ല മീശയൊക്കെ കട്ടിയുള്ള ആൾക്കാർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എനിക്ക് പേടിയാണ് ഇവരുമല്ല ക്രൈംബ്രാഞ്ചുകാരോ സി ബി അതുപോലെ എന്തെങ്കിലും വലിയ ഉദ്യോഗസ്ഥന്മാരാണോ ഞാൻ ഈ കൂടുതലും സത്യം പറയും ഇവരെന്നെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോകാനാണോ പോലീസ് കൊണ്ടുപോയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഉരുട്ട് രാജം കേസിൽ ഉരുട്ടിയെന്നൊക്കെ പറഞ്ഞ് ആ കാലത്തുണ്ടായ സമയത്ത് എനിക്ക് നല്ലപോലെ അത് കിട്ടിയിട്ടുണ്ട് കാലിൻ്റെ മസലൊക്കെ അങ്ങ് ഉടക്കും പിറ്റേ ദിവസമാകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് നീര് വെക്കും എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ റൂൾത്തടി കൊണ്ട് തട്ടിക്കൊണ്ടാണ് പറയടാ സത്യം പറയേടാ സത്യം പറഞ്ഞു ഓരോ മുട്ടുമുട്ടുമ്പോഴും ഈ സ്വർഗ്ഗലോകം അന്ന് കാണുമെന്ന് പോലെ എന്തോ ഒരു ഭയങ്കരമായിട്ട് അതുകൊണ്ട് മരിച്ചേന അത്ര ഭയങ്കരമായിട്ട് അവർ വേദനപ്പെടുത്തും എന്നാലും സത്യം എൻ്റെ ഉള്ളിലെ ശക്തി പറയുന്ന അവർ തല്ലിക്കോട്ടെ നീ ഒരിക്കലും സത്യം പറയരുത് നിനെ ഞാൻ എടുത്തിരിക്കണ അതിനാ അങ്ങനെ മുമ്പോട്ട് പോയി അതാണ്ടൊരു എനിക്കൊരു പത്ത് ഇരുപത്തി നാല് വയസ്സുള്ളപ്പോൾ ഞാനൊരു വലിയൊരു കുറ്റവുമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ആ സമയത്ത് അവിടെ ഒരു ഉപദേശി കയറി വന്നു ഇദ്ദേഹം വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ആഴ്ചയിൽ ആഴ്ചയിൽ ആ ജയിലിൽ വരും കോട്ടയത്തെ ജയിലിലാണ് അപ്പം ഇദ്ദേഹം വരുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അവിടെ കിടക്കുന്ന തടവുകാർക്ക് വലിയ സന്തോഷമാണ് കാരണം ഇദ്ദേഹം വരാൻ പോകുന്നതെങ്കിൽ ഒരു വർഷം കേക്ക് ഞങ്ങൾക്ക് വരും ഇല്ലേ ഒരു ലഡു കൊണ്ടുപോകും തരും എല്ലാവർക്കും തരും അതൊരു പക്ഷവേദ ഇല്ലാതെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ലഡു ജയിലിൽ ഞങ്ങൾക്ക് ഗോതമ്പുണ്ടയും വെറുതെ ഉപ്പിനകത്ത് കുഴച്ച് അത് ഊറ്റിയതൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഈ ലഡുവിൻ്റെ ടേസ്റ്റ് ഓർത്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങി വെളിയിലിരിക്കും അങ്ങനെ ഞാൻ നിൻ്റെ മുമ്പിലത്തെ നിരയിലിരുന്നു ഈ ഉപദേശം വന്ന വഴിക്ക് തന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി എന്നിട്ട് എൻ്റെ നേർക്കിങ്ങനെ വരലും ചൂണ്ടിയിട്ട് പറഞ്ഞു നിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതായിക്കൊള്ളു തായിക്കോളും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ശക്തനായ ഒരു ദൈവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നീ അത് ഏറ്റെടുക്കുന്നുവോ നിൻ്റെ ഭാഗ്യ ദിവസമാണെന്നോ എനിക്ക് ഉപദേശം എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ കുഞ്ഞിലെ എൻ്റെ മുത്തശ്ശി എന്നെ ഇങ്ങനെ മടിയിലിരുത്ത് രാവിലെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്രിസ്ത്യാനികൾ അടുത്ത പള്ളിയിലേക്ക് ഇങ്ങനെ പോകും പോകുമ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ഇവരെ കാണുമ്പോൾ എന്നേക്കാളും വലിയ ഒരരിശ എവിടെ പറയും മോനെ പോണേ കണ്ടോ രാവിലെ കുളിക്കാതെ പള്ളിയിൽ പോണത് വെറുതെ കണ്ണും തിരുമ്പി മുഖവും കഴുകി പോകുകയെ നല്ലത് ഉണിയെടുത്ത് കൊടുത്തോണ്ട് നമ്മളാണ് കുളിച്ച് ഈറിനൊക്കെ കൊടുത്ത് ഈറിനോടുകൂടി പള്ളിയിൽ പോകുന്നവർ ഇതുങ്ങൾ കുളിക്കാത്തവരാണ് അപ്പോൾ അതുപോലെ ബൈബിള് കാണുന്നവരെ എനിക്ക് ഇത് അന്നേരം ഓർക്കുന്നത് അപ്പോൾ ഉപദേശം ഇങ്ങനെ ബൈബിളും കൈയ്യിൽ പിടിച്ചോണ്ട് നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളു ശരിക്കിങ്ങനെ കത്തിയിരിക്കെ വെളിയിലാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അതായത് വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വാചനം വായിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എൻ്റെ ബൈബിൾ ഇങ്ങനെ തുറന്നിട്ട് അദ്ദേഹം കോറിൻ്റെക്ക് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നുകോറിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം എന്നെ വായിച്ച് കേൾക്കും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിച്ചിട്ടുമില്ല എന്ന് ദേഷ്യം ഇങ്ങനെ വീണ്ടും എനിക്കിങ്ങനെ കുഞ്ഞു കൂടിയാണ് അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ഇത്രയും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ആകെ ഇങ്ങി തിളച്ച് ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ല ഞാൻ വിചാരിച്ചത് ഈ ഉപദേശി എന്നെ പോഷൻ എന്ന് പറയും നശിച്ചു പോണവനെന്ന് പറയും ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഉപദേശി ഒന്ന് നിർത്തി ഞാൻ ഒത്തിരി ദേവന്മാരെയൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ വീട്ടിലുമുണ്ട് കുറച്ച് ഞാൻ ചോന്നുമൊക്കെ നടന്നിട്ടുള്ള പിന്നെ ഇതുപോലെ നാല് ദിവസം നാറ്റം വെക്കുന്നതുവരെ ഒരു മനുഷ്യനെ കാത്തിരുന്ന ദൈവത്തെ എനിക്കാവശ്യമില്ലെന്നോ അപ്പം ഈ ഉപദേശിയുടെ മുഖം പെട്ടെന്ന് ദേഷ്യം വരും എന്നെ ദേഷ്യത്തോടു കൂടി നോക്കുകയും അവിടെ ഇരിക്കാനായിട്ട് പറയും എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് ദേഷ്യം വരട്ടെ എന്നോർത്താൻ ഞാൻ പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖം പെട്ടെന്ന് പ്രസന്നമായി വളരെ സന്തോഷമുള്ളൊരു മുഖം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിടുക്കൻ നീ ഇത്രയും കിഴിഞ്ഞ് ചിന്തിച്ചില്ലേ നിന്നെ ദൈവം സ്നേഹിക്കുന്നു നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അത് ഒട്ടും വിശ്വസിക്കാവുന്നൊരു കാര്യമല്ലായിരുന്നു പക്ഷേ എന്നെ ദൈവം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ളിലൊരു ഭയം കയറി ഇത്രയും കഠിനഹൃദയനായ എന്നെ ദൈവം സ്നേഹിക്കുന്നു ഇത് നീ അങ്ങനെ സംഭവിക്കുമോ എന്നാൽ ആ ഉപദേശം അവിടെ നിന്ന് പോയി എന്നാൽ അന്ന് കേട്ട ദൈവവചനം എൻ്റെ ഉള്ളിൽ നിന്നു നമ്മൾ ഈ ലോകത്തിൽ മറ്റെന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അതെല്ലാം പോവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഇടിയുടെ കേട് മുഴുവനും പോയി അപ്പോൾ ഒന്നുമില്ല നല്ല പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എല്ലാ എൻ്റെ കർത്താവും ഒരു ദിവസം പൂർണ്ണമായിട്ട് എന്നെ ഒന്ന് തൊട്ടു മാറ്റി അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോകും കേൾക്കുന്ന തിരുവചനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ഇതൊരിക്കൽ ജീവിക്കും എൻ്റെ അനുഭവമാണ് പറയുന്നത് എന്നാൽ വീണ്ടും ഞാനിങ്ങനെ അതൊക്കെ വിട്ടു ഈ ലോകത്തിൻ്റെ സുഹൃത്തിൽ തന്നെ മോഷണവും പിടിച്ചുപറി കൊലപാതകവും ഒക്കെയായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു ഇഷ്ടംപോലെ പണം സമ്പാദിക്കും രണ്ടായിരത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യും അദ്ദേഹം സത്യസന്ധനെന്ന് എനിക്ക് പറയാവുന്നത് അതിനുമുമ്പ് എൻ്റെ ഏറ്റവും നല്ല സ്നേഹമുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു എവിടെ പിടിച്ചാലും എനിക്ക് നല്ലപോലെ ഭക്ഷണം വാങ്ങിച്ചു തരികയും എന്നെ പെട്ടെന്ന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയും എളുപ്പം ജാമ്യത്തിൽ ഇറങ്ങാവുന്ന രീതിയിൽ എൻ്റെ പേര് കേസ് എഴുതത്തുള്ളു അതുപോലെ ഞാൻ കാശ് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം പിടിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു എന്നാൽ ഇദ്ദേഹം എന്നെ അന്ന് വൈകുന്നേരം അന്ന് സർക്കിളാണ് എസ് ആയിരിക്കണ കാലം മുതലേ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് അന്ന് വൈകുന്നേരം ഇദ്ദേഹം കയറി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്ര നിൻ്റെ പേര് ഞാൻ സത്യസന്ധമായിട്ട് കേസെടുക്കും എന്നുവെച്ചാൽ സാറേ എന്തായി ഞാൻ എടുക്കും നിൻ്റെ പേര് സത്യസന്ധമായിട്ട് കേസ് നിൻ്റെ ഇന്ന് വാങ്ങിച്ച കാശൊക്കെ ഉണ്ടല്ലോ എനിക്ക് മരുന്ന് വാങ്ങിക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ എന്നാൽ ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിച്ചു എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയായിരുന്നു അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നോടൊക്കെ കാശ് മേടിച്ചത് പക്ഷേ അത് കൊടുത്തിട്ട് ഒരു സൗഖ്യവും കിട്ടിയിരുന്നു എന്നാൽ ദൈവത്തിന് ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ സമർപ്പിച്ചു കൊടുത്തു ഇന്ന് എൻ്റെ ഭാര്യ സുഖം പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ഒന്ന് ഒരു പൈസ എനിക്ക് വന്നിരുന്നു അദ്ദേഹം അന്ന് എൻ്റെ വിരലിൻ്റെ അടയാളം എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചു അവിടേക്ക് ചെന്നാൽ അതിൻ്റെ മറുപടി ഇങ്ങനെയാണ് വന്നത് ഞാൻ മുപ്പത്തിയാറ് വർഷം പലപ്പോഴായിട്ട് ജാമ്യം എടുത്ത പല കേസിലായിട്ട് കോടതിക്ക് പിടികൊടുക്കാമെന്ന് കണ്ടു പിറ്റേ ദിവസം അദ്ദേഹം അവിടുത്തെ ഒരു നാല് കേസോടുകൂടി എന്നെ കോടതിയിലാദ്യ കോടതി എന്നെ അടുത്ത സബ് ജയിലിൽ റിമാൻഡ് ആ കേസിനും കൂടി എനിക്ക് നാല് വർഷത്തെ ശിക്ഷയും കിട്ടി നാൽപ്പത് വർഷത്തെ കഴിഞ്ഞ രൂപമായിട്ട് ഞാൻ പൂജപ്പുര സംഘടനയിലെത്തി അതോടുകൂടി എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടം നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിന് ഇതിൻ്റെ മൂന്നാമത്തെ വാക്യൊന്നും വായിച്ച നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും അരുത് എൻ്റെ ആശ്രയം മുഴുവനും വലിയ പ്രഭുക്കന്മാരിലും സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും ആരുത് നാൽപ്പത് വർഷത്തെ ശിഷ്യായിട്ട് എന്ന് ഞാൻ കത്തങ്ങോട്ട് എഴുതാൻ തുടങ്ങി ആദ്യം വക്കീലിന് എഴുതി പിന്നെ എന്നെ സഹായിക്കേണ്ടവരെ കൊക്കെ എഴുതി ഏതാണ്ട് ജയിലിൽ ഒരു നാല് കത്തയക്കാനാണ് ഒരു മാസത്തിൽ അനുവാദമുള്ള എന്നാലും ഒരു മാസം കൊണ്ട് ഞാൻ ഇരുപത്തിയൊന്ന് കത്തെഴുതി എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു ഒരെണ്ണത്തിന് മറുപടി അവരെല്ലാവരും ഓടി വക്കീലിൻ്റെ അടുത്ത് എഴുതി വക്കീൽ പറഞ്ഞു ഞാനവൻ്റെ ജഡ്ജിമെൻ്റ് വായിച്ചു അവൻ്റെ ജഡ്ജിമെൻ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇവനോട് ഒരു കരുണയും കാണിക്കരുത് കോടതി ഒരു കരുണയും കാണിക്കരുത് ഇവൻ കോടതിയെ കബളിപ്പിച്ചവൻ ഇവൻ ജാമ്യം ഇറങ്ങിയിട്ട് ഹാജരാകാത്തവൻ അതുകൊണ്ട് ഇവനോട് ഒരു ദയം കാണിക്കണ്ടെന്ന് ആ ജഡ്ജിമെൻറ്റിൻ്റെ അടിയിൽ ജയിൽ സൂപ്രണ്ടിനെഴുതിയിട്ടുണ്ടായി അതുകൊണ്ട് ആ വക്കീൽ പറഞ്ഞ് ഇനി ഇവൻ്റെ പുറകെ പോയിട്ടൊരു കാര്യവുമില്ല അപ്പീൽ കൊടുത്താൽ പോവെ രക്ഷപ്പെടുത്തിട്ടു ഇവനീ നാൽപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത് കൊല്ലവും കൊണ്ടുപോയി എൺപതാമത്തെ വയസ്സിലെ തിരിച്ചു വരാൻ സാധ്യമുള്ളതും അതോടുകൂടിയാണ് ഒരു കത്തിനും മറുപടിയില്ലാതായത് ഞാനും അങ്ങ് തകർന്നു കേട്ടോ എന്നെ അവർ കൊണ്ടുപോയി ഏതാണ്ടൊരു പത്തടി വീതിയും അതേ വലുഭവുമുള്ളൊരു മുറിക്കകത്താണ് എന്നെ കേട്ടത് അതിൻ്റെ ഒരു ഇരുമ്പ് സെല്ലിട്ട് പൂട്ടും എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റോള് വിട്ട് അതിൻ്റെ മുമ്പിലിരിക്കും ഇതുകൂടാണ്ട് ഒരു പലവ് കൊണ്ട് ഇത് ബ്രിട്ടീഷ് നിർമ്മിതമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ എട്ടാം ബ്ലോക്കിലുള്ള അതുകൊണ്ട് ഒരു പത്ത് മുറികൾ ഇങ്ങനെ തീർത്തിട്ടുണ്ട് ആ മുറിയിലെ ഒരു മുറിയാണ് ഒരു ഉദ്യോഗസ്ഥൻ നോക്കി അവിടെ ഇരിക്കും അദ്ദേഹം നാല് മണിക്കൂർ നാല് മണിക്കൂർ ഇടവിട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ നാല് മണിക്കൂർ എന്നെ നോക്കിയിരുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ ഏത് വിധത്തിലാണെന്ന് ഈ ഇതിൻ്റെ ഒരു കിളിവാതിൽ പോലും ഇങ്ങനെ തുറന്നു നോക്കണ ഇരുതുകൊണ്ട് അകത്ത് ലൈറ്റിട്ടേ അതിലെന്നെ ഇങ്ങനെ തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് ഇങ്ങനെ എഴുതും എഴുതണം അത് അന്ന് അന്ന് അന്ന് സൂപ്രണ്ടോഫീസിലേക്ക് എഴുതി അവിടെ അതിങ്ങനെ പരിശോധിക്കും അപ്പോൾ എല്ലാ ദിവസവും അവിടെ കിട്ടുന്നത് ഞാനിങ്ങനെ ഈ ഒരു ശകലം വെട്ടം കണ്ടാൽ തുടിച്ചു നോക്കുന്നു എനിക്ക് ഉറക്കം ശരിക്കില്ല ചിലപ്പോൾ കല്ല് പല്ല് കടിച്ചു പൊട്ടിക്കുന്നു കിർ കിറാന്നിവിൻ്റെ വായിൽ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി എഴുതി എഴുതി ഇങ്ങനെ കൊടുത്തത് എനിക്കൊരു ദിവസത്തെ വെളിച്ചം കാണുവാനായിട്ട് മുപ്പത് മിനിറ്റാണ് അനുവദിച്ചിരുന്നത് രാവിലെ പത്ത് മിനിറ്റ് ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പം പത്ത് മിനിറ്റ് ഈ ഈ കൂടിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് മാടത്തേനെയും പക്ഷീനെയും തത്തേനെയൊക്കെ വളർത്തുന്ന ഇറക്കണ പോലെ ഒരു പത്ത് മിനിറ്റ് ഇതിനകത്തുനിന്ന് പുറത്തിറക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കയറണം എൻ്റെ ഉള്ളിലങ്ങോട്ട് തകരാൻ തുടങ്ങും കൂടുതലങ്ങോട്ട് കഠിനപ്പെടാൻ തുടങ്ങി ഞാൻ കരുതി എങ്ങനെയെങ്കിലും ജയിലിൽ ആറണം ചാടിയായി എന്നെ സഹായിക്കാൻ ഞാൻ അവരെ എക്കച്ചെന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ആത്മഹത്യ ഒരു ശരിക്കും പറഞ്ഞെന്ന ഒരു ചകിരുന്നാർ പോലും അതിനകത്ത് അതിന് കിട്ടത്തില്ല അങ്ങനെ അതിന് വഴിയില്ല അങ്ങനെ കിടന്ന് എനിക്ക് ജയിലിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായി അവരെന്നെ അടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടെ ചെന്നേതാണ്ട് ചൂണ്ട കൊളുത്തി വലിക്കുന്നത് പോലെ എൻ്റെ ഈ വിരലുകൊക്കെ ഈ നെഞ്ചിൻ്റെ ഉള്ളിലും ആയിട്ട് അന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാതെ പോലീസിൻ്റെ മർദ്ദനങ്ങൾക്ക് ഒരു വേദനക്കൊക്കെ ഒരു സഹിക്കാവുന്ന എന്നിട്ട് സഹിക്കാൻ കഴിയാത്ത ഇങ്ങനെ ചൂണ്ട കൊളുത്തി വലിക്കുന്നത് പോലെ മിന്നെ മിന്നെ മിന്നെ അതായത് ഈ കറൻ്റ് അടിച്ചു മാറുന്നത് പോലെ വേദന ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വേദന ഇങ്ങനെ കൂടിക്കൂടി കൂടി കിടന്നു ഒന്നാം ദിവസം എത്തി രണ്ടാമത്തെ ദിവസം എത്തി മൂന്നാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ എൻ്റെ ആ വേദന കൂടുതൽ വർദ്ധിച്ചു എൻ്റെ നാവെല്ലാം തളർന്നു എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാണുന്നവരെ ഒരു ആവി പറക്കുന്നത് പോലെ എൻ്റെ കണ്ണ് കൂടെ അങ്ങനെ മുമ്പിലുള്ളവരെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ ആ ഇരുമ്പ് കെട്ടിലെ ഐസ് വീലിങ് ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ അടുത്തുള്ള ആ സ്റ്റൂൾ ഒഴിഞ്ഞ് കിടന്നു മൂന്ന് ദിവസമായിട്ട് മറ്റുള്ള എല്ലാ ബെഡിനരികിലും ആൾക്കാരിൽപ്പുണ്ട് അവരുടെ അടുത്തേക്ക് ഈ ഓക്സിജൻ കുട്ടി വലിച്ചുകൊണ്ട് വന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്കൊന്ന് വലിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് കിടക്കുക അതെന്താണെന്ന് വെച്ചാൽ അത് ചെല്ലുന്നവരാരും രക്ഷപ്പെടുന്നുണ്ട് അവിടെ പിന്നെ കരച്ചിലും പൂവും കേട്ട് അവരോടനെ കൊണ്ട് ഒരു പതിനൊന്നോളം പേരെയും മൂന്ന് ദിവസം കൊണ്ട് സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഡോക്ടറും ഒരു രോഗിയുടെ ബന്ധുവും കൂടി അവിടെ വന്നത് ഈ ഡോക്ടർ ഡോക്ടറെ കൊണ്ടു വന്ന് എൻ്റെ ഷൂളിൽ ഈ രോഗിയുടെ ബന്ധുവിനെ എത്തി അവിടെ കിടക്കുന്ന ആളുടെ അനുജനാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ജ്യേഷനെ ഇനി രക്ഷപ്പെടുവെന്ന് തോന്നുന്നു ഇവിടെ ചെയ്യാവുന്ന എല്ലാ മെഡിസിനും ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും അറിയിക്കാനുണ്ടോ അറിയിച്ചോളാം ഈ അഞ്ചൻ പറഞ്ഞു ഡോക്ടറെ അങ്ങനെ പറയരുത് എൻ്റെ ജേഷൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാളെ മൂത്ത മോളുടെ കല്യാണം ജേഷൻ ഗൾഫിലായിരുന്നു അവിടെ വെച്ച് ഹൃദയാഘാതം ഉണ്ടായി ഒരു മാസ ബെഡ് റെസ്റ്റ് കൊടുത്ത് കൊണ്ടുവന്നതാണ് എന്നാലത് തീരുന്നതിന് മുമ്പ് നാളെ മോളുടെ വിവാഹമായതുകൊണ്ട് ഇന്ന് ഓടി നടന്ന് ജോലി ചെയ്തു അങ്ങനെ മറിഞ്ഞു വീണതാണ് അതുകൊണ്ട് ഡോക്ടർ ഒരു വഴി പറഞ്ഞേ പറ്റുള്ളൂ എത്ര കോടി രൂപ വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കാം ഞങ്ങൾക്കുള്ളത് മുഴുവനും വിറ്റു ചുട്ട് ചിലവാക്കാം എൻ്റെ ജ്യേഷ്ഠൻ നാളെ പത്ത് മണിവരെ ജീവിച്ചിരിക്കാൻ ഡോക്ടർ ഒരു വഴി പറഞ്ഞേ പറ്റി തുടങ്ങൂ ഈ മനുഷ്യൻ്റെ മുമ്പേ ആ ഡോക്ടർ കുഴയുന്നതാണ് എനിക്കിങ്ങനെ ഇവരെ ഇങ്ങനെ കാണാം പറയുന്നത് കേൾക്കാം എൻ്റെ നാവെല്ലാം കുഴഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുക ഡോക്ടർ പറഞ്ഞ ഇനിയൊരൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങളുടെ ജ്യേഷ്ഠന് പറ എനിക്ക് പറയാനൊരൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുക ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി ഞാൻ പ്രാർത്ഥന തുടങ്ങും ഞാൻ വിചാരിച്ചു എനിക്ക് ഈ വേദന തരുന്നത് എൻ്റെ കുടുംബത്തെ ദൈവങ്ങളാണ് അവിടെ നിന്നാണ് ഞാൻ ആദ്യം മോഷണം തുടങ്ങിയത് അവർക്ക് കൊണ്ടുപോയി വെച്ച നിവേദ്യമൊക്കെ എടുക്കുമ്പോൾ ആദ്യം തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അവരായിരിക്കും ഈ വേദന തരുന്നത് അവരോട് ക്ഷമ പറഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചു അവരോട് ഞാൻ ക്ഷമാപണത്തോടു കൂടി പറഞ്ഞു എന്നോട് ക്ഷമിക്കുക അന്ന് അറിവില്ലായിരുന്നു കൊണ്ട് ചെയ്തതാണ് എനിക്ക് ഈ വേദന എന്നൊന്നൊന്ന് വിടീച്ചതാണ് ഒരു വ്യത്യാസവും ഇല്ല പിന്നൊരു പതിനാല് പേരെ ഞാൻ കഷത്തി വെച്ച് വന്ന് കൊടുത്ത് കാശ് ഞാൻ വിചാരിച്ചു ഈ പതിനാല് പേരുമായിരിക്കും വേദന ഈ പതിനാല് പേരോടും ഞാൻ അപേക്ഷിച്ചു എൻ്റെ വേദനയ്ക്കൊരു കുറവുമില്ല പിന്നെ ഞാനാണെങ്കിൽ ഒരു അന്ധവിശ്വാസിയായിരുന്നു കേട്ടോ എൻ്റെ വിചാരം എങ്ങനെയാണെന്നറിയാമോ ഗുരുവായൂർ എന്ന ആ അതിൻ്റെ എന്ന എൻ്റെ വിചാരം ഈ ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലിയ പുള്ളി ഈ മനുഷ്യരെ പോലെ തന്നെ ദൈവങ്ങളു എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടൊരു നല്ലൊരു തുക നേർച്ചെഴു എന്നിട്ട് പറയുന്നത് ഇന്നടത്തിരിക്കുന്ന പുള്ളിനെ ഞാൻ പൊക്കാനായിട്ട് പോകേണ്ടത് ഈ നമ്മുടെ ഇവിടെ ഈ വലിയ ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ ഞാൻ പറയും എൻ്റെ കൂടെ നിന്നോളണം ദൈവങ്ങളെ കാണാൻ പറ്റിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ദൈവന്മാർ കാണാൻ പറ്റിയിട്ടെന്ന് നമ്മുടെ എൻ്റെ കൂടെ നിന്നോളണം ഞാൻ ഇന്ന പുള്ളിയെ പൊക്കാൻ പോവുകയാണ് മിക്കവാറും അതങ്ങ് നടക്കും അപ്പം എൻ്റെ ഈ പുള്ളി കൂട്ടുനിന്നു ഇവിടെ എറണാകുളത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ കൊങ്കൺ ക്ഷേത്രമുണ്ട് ആ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് ആ പൂക്കാരി മുക്കിൻ്റെ അവിടെ ഞാൻ ഒത്തിരി കാശ് കൂടി നേർച്ചിട്ടുണ്ട് അവിടെ അടിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ രീതി അങ്ങ് അപ്പോൾ ഞാൻ പുള്ളിയോട് പറയും ഞാൻ ഇന്ന പുള്ളിയെ പൊക്കാൻ പോയി കൂടെ നിന്നോളെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഈ മുട്ടിന് മുട്ടിന് ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുകൂടുന്നു എൻ്റെ വിചാരം എന്തായാലും ഇവരെയൊക്കെ വിളിച്ച് ഞാനങ്ങ് അപേക്ഷിച്ചു എൻ്റെ വേദനയ്ക്ക് ഒരു വ്യത്യാസവും കൂടുന്ന അന്നേരാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് ആ ജയിലിൽ വന്ന് പറഞ്ഞ ഉപദേശിടവാ നിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതായിക്കൊള്ളട്ടെ നാറുന്നതായിക്കോളും നീ ഇന്ന് നിന്നെ ഒന്ന് യേശുവിനൊന്ന് സമർപ്പിച്ചു കൊടുക്കുന്നു എന്നെ രക്ഷിക്കുവോ എന്ന് പറഞ്ഞ വാക്യമു എനിക്കറിയാവുന്ന ഭാഷ ഞാൻ ഇങ്ങനെ വിളിച്ചു എൻ്റെ യേശുവേ എൻ്റെ യേശുദേവ എന്നെ അവിടുന്നെങ്കിലും ഒന്ന് ഉറങ്ങാൻ അനുവദിക്കുന്നു എനിക്കത് മാത്രം മതിയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ നാൽപ്പത് വർഷത്തെ കണ്ണാടകം അനുഭവിക്കാൻ പൂയപ്പുറിലോട്ട് പോകാൻ ഒരാഗ്രഹവും ഇല്ല ഈ മനസ്സിൽ വെളി വിളിച്ചത് ഞാൻ ഉറങ്ങിപ്പോയി സ്ത്രോത്രം പിറ്റേ ദിവസം രാവിലെ എന്നെ ഒരു നേഴ്സ് വിളിച്ചുണർത്തി എനിക്ക് നാൽപ്പത് വയസ്സുണ്ടെന്നു അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് പല്ല് തേക്കാനായിട്ട് കഴിയുമോന്നു ഞാൻ ചാടി കൊടുന്ന് താഴോട്ടിറങ്ങാൻ പോയാൽ പോരും അവിടെ ഇരു അവിടെ ഇനി അപ്പോഴാണ് ഞാനറിയണേ എനിക്ക് ഹൃദയാഘാതമാണ് ഉണ്ടായത് അവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ് ചാടി എഴുന്നേക്കാൻ പോകണം അവിടെ ഇരുന്നേ എല്ലാം ഇവിടെ കൊണ്ടുപോന്നു തരാമെന്നു അങ്ങനെ അവർ പല്ല് തേക്കാനുള്ള സൗകര്യവും പാത്രവും ഒക്കെ കൊണ്ടുവന്ന് തന്നു ഞാൻ തൊപ്പ് എല്ലാം ഒക്കെ നടത്തി എപ്പോഴത്തേക്ക് നാല് ഇഡ്ഡലി ഇച്ചിരി എരിവ് കുറഞ്ഞ് ചമ്മന്തിയും കൂടി ഒരു പാത്രത്തേക്ക് കൊണ്ടുപോകുന്നു ചായയും കൂടി ീ നാല് ഇഡ്ഡലിയും നാല് പ്രാവശ്യ വായിലോട്ട് വെച്ചുള്ളൂ അതിന് എനിക്ക് തോന്നണ ഒരു നാല് സെക്കൻഡ് എടുത്തില്ലെന്നാണ് തോന്നുന്നു അത്ര വിശപ്പും അതുപോലെ ആരോഗ്യമായിരുന്നു അതങ്ങ് വിഴുങ്ങി ആ ഈ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിക്കുന്നുണ്ട് അവർ ഒന്ന് പറയാ എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ ചായ കുഴിച്ചു ആ ഡോക്ടർ വന്നു ചോദിച്ചു ഡോ താനും നിന്റെ ദൈവത്തെ വിളിച്ചോ നമ്പറേ വിളിച്ച് താനെന്നെ ഏത് ദൈവത്തോട്ടു ഞാനിങ്ങനെ ഓർത്തിട്ട് പോകും ഞാൻ യേശുദേവാന്നു പിന്നെ തൻ്റെ ദൈവമാണ് ഞങ്ങൾക്കാര്ക്കും കഴിയാത്തതാണ് സംഭവിച്ചിരിക്കുന്നു ഈ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഈ കമ്പ്യൂട്ടറിങ്ങനെ ഈ ഇ എല്ലിൻ്റെ ഒരു സൗണ്ട് എല്ലാവർക്കും ഞാനീ രാത്രി കാട്ടിലൊക്കെ പോയിരുന്നിട്ട് കേട്ടിട്ടുണ്ട് ഒരു സൗണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു ചെഗിട് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യണ ഒരു സൗണ്ടാണ് അതുപോലെ ഇതിങ്ങനെ കീ കീ കി കീ എന്നിതിങ്ങനെ മൂളികൊണ്ടിരിക്കുകയാണ് ഇത് മേലോട്ട് അങ്ങായി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇന്നലെ തന്നെ പൂർണ്ണ നോർമലായിട്ട് കാണിച്ചു ഇത് ദൈവത്തിന് മാത്രേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ കാത്തൊരു അഞ്ചിട്ട് പോലീസുകാർ വെളിയിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് തന്നെ എനിക്കറിയാം കേട്ടോ പോയിട്ട് മര്യാദക്ക് ജീവിച്ചു ദൈവം തന്ന ജീവിതം എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് അങ്ങ് പോയി അപ്പം ജയിലിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ആ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് രണ്ടായിരം പേരതിനകത്തുണ്ട് അതിന് മുമ്പൊക്കെ ചെല്ലുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് കുറച്ച് അതിൻ്റെ വാദിക്കേ തന്നെ ഉള്ളവരുടെ ലിസ്റ്റ് എഴുതി വെച്ചേക്കും അപ്പോൾ ഇതിനകത്തൊരു പത്ത് നാൽപ്പത് പേര് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ഇവരുടെ മുഖത്ത് ഭയങ്കര പ്രകാശമാണ് ഭയങ്കര ഒരു പ്രതീക്ഷയാണ് ഇവരുടെ മുഖത്ത് അതിനകത്ത് ഈ ബാക്കിയുള്ള ഈ എന്നെ ഉൾപ്പെടെ ഞാനിങ്ങനെ പോയി കണ്ണാടിയിലും പോയി നോക്കും അതുപോലെ അവിടെ ഇരിക്കുന്നവരെയൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കും ഈ ആകെ തകർന്ന് ശിക്ഷയും മേടിച്ച് പിശാച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വല്ല പ്രസാദമുണ്ടാവുമോ വല്ല പ്രസന്നത അവരുടെ മുഖം കാണുന്ന തന്നെ ഒരു പേടിയാണ് അപ്പോൾ ഞാനും ചിലപ്പോൾ ഓർത്തിട്ടുണ്ട് എൻ്റെ മുഖം കണ്ട ആൾക്കാർ എന്തും വേണ്ട പേടിക്കും അതുപോലെയാണല്ലോ ഇവരുടെയൊക്കെ മുഖമായിരിക്കും അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഈ ബൈബിള് പിടിച്ചിരുന്ന് നടക്കുന്നവരുടെ മുഖം കൊണ്ടുപോകാം അതെനിക്ക് ഞാനിങ്ങനെങ്കിലും ശ്രദ്ധിക്കും അപ്പോൾ ഇവരെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കും അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞ അടുത്ത് ജയിലിൽ നിന്ന് റിലീസായി വന്നൊരു സഹോദരൻ ഉണ്ട് അവിടുത്തെ ജയിലിലെ പാ പ്രാർത്ഥനയൊക്കെ നയിക്കുന്ന ആളാണ് ഈ സഹോദരൻ എന്നെ കാണുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രോത്രം ചന്ദ്രാന്തം ഞാൻ പറയും സ്വോത്രവും ഒത്തിരി സൂത്രമൊക്കെ കേട്ടിട്ടുള്ളൂ ആൻ കൈ വെച്ചാൽ തന്നെ പിന്നീട് ഒരിക്കലും എന്നെ കണ്ട പ്രത്യേകം പറഞ്ഞു പ്രൈസരോട് ചന്ദ്രാന്ന എൻ്റെ ഇടയ്ക്കിലോട്ട് കൈയിൽ നിൽക്കിക്കൊണ്ടു ഞാൻ പറയും പ്രൈസും അലോടും ഒക്കെ ഒത്തിരി മേടിച്ചതാണ് പിന്നെ നിങ്ങളുടെ പ്രൈസും അലോടും ഒന്നും വേണ്ടത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാണെന്നാണ് ഈ ബൈബിളും കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നു എന്നെ കാണുമ്പോൾ വലിയ ചിരിയും സന്തോഷത്തോടു കൂടി ഞാനെപ്പോൾ കണ്ടാലും നോക്കും കേട്ടോ ഇവരെ ബൈബിൾ പിടിച്ചിരിക്കണവരെ കണ്ടാൽ മുഖത്തോട്ട് നോക്കും സത്യമാണീ പറയണത് കേട്ടോ ഇവരുടെ മുഖത്തിട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം കാണാനൊരു ഒരു പ്രത്യേകത ഒരു പ്രശ്നം ഇവർക്ക് എന്തോ വലിയൊരു പ്രതീക്ഷ ഉള്ളവരാ അത് കാണാനായിട്ടൊരു നല്ലൊരു പ്രസന്നത ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കും അന്നാലാണ് ഇവരിങ്ങനെ സ്വോത്രവും ദൈവം സ്നേഹിക്കുന്നതും ഒക്കെ എന്നോട് പറയും ഒന്നി ഞാൻ ഇവ ഇവരെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല എന്നാലും ഇങ്ങനെ നോക്കണം ഇവരുടെ മുഖത്തിൻ്റെ പ്രസന്നത കണ്ട അങ്ങനെ എന്ത് ചെയ്ത് എനിക്കും ഒരു മാസം ബെഡ് റെസ്റ്റൊക്കെ എഴുതി വലിയൊരു ഹൃദയാഘാതം വന്നാളാന്ന് പറഞ്ഞ് എൻ്റെ കിട്ടുന്നത് ക്കെഴുതി അവരുടെ ഡോക്ടർമാരുടെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത് ഇത്രയും ഇടിയും തല്ലുകൊക്കെ മേടിച്ച് ട്രാൻസ്ഫോമറിലെ പരസ്യം പോലെ വന്ന ഈ സാധനം പൂർണ്ണ നോർമലായിട്ട് പോണത് അവർ കണ്ടത് ആദ്യം അവരൊരു സർട്ടിഫിക്കറ്റും കൂടി തന്നു അങ്ങനെ ഞാൻ ഏഴ് ദിവസത്തെ ചികിത്സകൾക്ക് ശേഷം എന്നെ പൂജാപ്പുരം സെൻ്ററൽ ജില്ലയിലേക്ക് വീണ്ടും തിരിച്ചയച്ചു അപ്പോൾ അതേ വരുന്ന ഇവർ രണ്ടുമൂന്നെണ്ണം ഈ ബൈബിൾ പിടിച്ചവർ രണ്ടുമൂന്നെണ്ണം കയറി ഇവരെ ദൂരൊക്കെ കണ്ടപ്പോഴേ ഞാൻ ചിരിക്കാൻ തുടങ്ങി അതായത് എൻ്റെ മുഖത്ത് സന്തോഷത്തിന് ഒരതിരില്ല അതുപോലെ ഇവരെ കണ്ടുകൊണ്ടു ചിരിക്കാന്ന് പറഞ്ഞു ഇവർക്ക് മനസ്സിലായി എനിക്കെന്തോ വ്യത്യാസമുണ്ട് ഇവരെൻ്റെ അടുത്ത് വന്നു ഈ രാധാക്ഷിന്മാർ എന്നോട് ചോദിച്ചു എന്താ ചന്ദ്ര ഇന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഇത്ര വലിയ സന്തോഷവും ചിരി ഞാൻ പറയും നിങ്ങളുടെ രക്ഷിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാര്യമൊക്കെ ഇങ്ങനെ പറയുക ഞാൻ ഇങ്ങനെ വലിയ വേദനയായിരുന്നു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ സ്നേഹിതന്മാരെ അവിടെ ഉണ്ട് അവിടുത്തെ എല്ലാ വലിയ ക്രിമിനലുകളും എൻ്റെ കൂട്ടുകാരാണ് അവരൊക്കെ എനിക്ക് വീഡിയോ സിഗറ്റൊക്കെ കൊണ്ടുപോകുന്നു തന്നു ഇത്രയും നേരം ഞാൻ സംസാരിക്കണമെങ്കിൽ കർത്താവ് എന്നെ രക്ഷിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്കൊരു അഞ്ച് വീഡിയോ സിഗറ്റോ വലിക്കും അതുപോലത്തെ ഒരു പോകോലിക്കാരനായിരുന്നു അപ്പം ഞാനെന്തു ചെയ്തൊരു വീഡിയോ എടുത്ത് കത്തിക്കാനായിട്ട് എടുക്കും ഈ രാധാകൃഷ്ണൻ വേറെ കൈക്കുകയെ കുറിച്ചിട്ട് പറഞ്ഞത് ചന്ദ്രൻ ഞാൻ ഇന്നോട് കയറി വന്നപ്പോൾ എന്താ പറഞ്ഞു ഞാൻ ചോദിച്ചെന്തു പറഞ്ഞു എന്താ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവം രക്ഷിച്ചതെന്ന് പറഞ്ഞു അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ കൈയൊന്നു വിടാൻ പറഞ്ഞു എനിക്ക് വീട് വളിക്കണമെന്ന് എന്ന് പറഞ്ഞു ഞാൻ പിടിക്കയില്ല ഞങ്ങളുടെ ദൈവം ചന്ദ്രനെ രക്ഷിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ള ചന്ദ്രൻ എൻ്റെ പാവങ്ങളെ ക്ഷമിച്ചു തരികയാണ് അങ്ങനെയാണ് ചന്ദ്രനെ രക്ഷിച്ചത് ഇനി പാവം ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല ഈ വീട് വലിച്ച പാവ ഞാൻ ഞാൻ ചോദിച്ചത് എന്തോ തെളിവുള്ള ഞാൻ പറയാം എൻ്റെ കൈയിൽ നിന്ന് വിട്ട ഇത് രാധാകൃഷ്ണൻ ഒരു കൊലക്കേസിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലും വലിയ കാര്യമൊന്നുമില്ല രാധാകൃഷ്ണൻ ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ പാവവും എന്നോട് ദൈവം ക്ഷമിച്ച് തരുവോ എൻ്റെ ഉള്ളിലും അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് ദൈവം ക്ഷമിച്ച് തരുമോ ആ സംശയം ഞാൻ പറഞ്ഞു അതൊന്നും എന്നോട് പോലും ക്ഷമിക്കത്തില്ല അത്ര രാധാകൃഷ്ണൻ പറഞ്ഞു തെളിവ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാൻ വീടി വലിച്ചാൽ അങ്ങനെ ഞാൻ ഒരു ഒരിളവ് ആ കൊടുത്തു ഈ പുസ്തകം കൂടെ എൻ്റെ കയ്യിൽ നിന്നും വെട്ടില്ല കൂടരുന്ന ഒരു സഹോദരനെ കൊണ്ട് വായിപ്പിച്ചു യശയാവിൻ്റെ പുസ്തകമാണ് അതിൻ്റെ അമ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ദുഷ്ടൻ തൻ്റെ വഴിയേയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോബങ്കിലേക്ക് തിരിയട്ടെ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവനോട് ധാരാളം ക്ഷമിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ കരങ്ങളിലിരുന്നുകൊണ്ട് ആദ്യമായിട്ട് വിറച്ചു എൻ്റെ ജീവിതത്തിലേക്ക് എന്തോ വലിയൊരു ശക്തി എൻ്റെ ഉള്ളിലേക്കും കടന്നു എനിക്കെന്താണെന്ന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലൊരു ശക്തി എൻ്റെ ഉള്ളിൽ വന്നു ഞാൻ ഞാൻ അറിയാതെ ഒരു ദൈവഭയത്താൽ അവിടെ ഇരുന്നുകൊണ്ട് വിറച്ചു ഞാൻ പറഞ്ഞു രാധാകൃഷ്ണൻ വേറെ എൻ്റെ കയ്യിൽ നിന്ന് വിട് ഞാനി വീട് വലിക്കായിരുന്നു ബാക്കി എൻ്റെ തലക്കിലുണ്ടായിരുന്നു എൻ്റെ കയറും വീടി തീപ്പെട്ടി അതൊക്കെ എടുത്തോളാൻ പറഞ്ഞു അവരതോടെ ഇട്ട് ചവിട്ടി നാശമാക്കിയിട്ട് എന്നോട് നാളെ പ്രാർത്ഥനയുണ്ട് ചന്ദ്രൻ ആരാധനാലയത്തിലേക്ക് വരണം ഇത് ഒക്കെ ഒച്ചയിലിങ്ങനെ കേൾക്കും അതിലൂടെ ഞാൻ പോകാറുണ്ട് അതായത് നാളെ രാവിലെ വരാമെന്ന് ഞാൻ ഏറ്റു എനിക്കന്ന് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു അന്ന് ഞാൻ വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങി ആവത്തേക്കും പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിക്കാണ് ആരാധനാലയത്തിലേക്ക് ചെല്ലേണ്ടത് ഞാൻ അവിടുന്ന് അനുവാദമൊക്കെ വാങ്ങിച്ചു ഒരു എട്ടര അതോ ഒരു മതൽക്കെട്ടിനുള്ളില അതിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുത് യഹോബിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാഭകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം അയച്ചു ചേട്ടാ ഈ ഉപദേശിമാർ ഭയങ്കരന്മാരാണല്ലോ ഞാൻ അങ്ങോട്ട് ചെല്ലണം കണ്ടോണ്ട് എൻ്റെ കൂട്ടുകാർ മുഴുവൻ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ഇവരും ഒക്കെ ആയിട്ട് കൂടരുതെന്ന് യുവന്മാരെ അവിടെ നിന്നിട്ട് പതിയെ സൂത്രത്തിൽ എല്ലാവരും കൂടി പറയേ എന്നെ കണ്ടോണ്ട് എൻ്റെ മനസ്സിലങ്ങനെ തോന്നി എന്തായാലും ഞാൻ പതിയെ കയറി ചെന്നു എൻ്റെ സംശയം അവിടെ അസ്തമിച്ചു പോവും കാരണം അത് ഇത്രയും പൊക്കമുള്ളൊരു ഉപദേശിയാണ് മോസസ് ഭാഷ എന്ന് പറയും തിരുവനന്തപുരത്തുള്ള അദ്ദേഹമാണ് നിന്ന് ഇത് വാക്യം വാക്യമായിട്ട് വായിക്കുന്നത് മുമ്പേ നിൽക്കുന്നവരുടെ മറവ് കൊണ്ട് ഇദ്ദേഹത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല പുറകിൽ നിന്നാണ് ഞാൻ നടന്നു ചെല്ലുന്നത് ഇന്നോട് തിരിഞ്ഞ് നിൽക്കുന്നവർക്ക് അവർക്കും കാണാൻ പറ്റും എനിക്ക് മനസ്സിലായ എൻ്റെ എനിക്ക് അബദ്ധം പറ്റിയതാന്ന് അതിൻ്റെ പുറകിൽ പോയി അനങ്ങാപിക്കുന്നു യശയാവൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് വീണ്ടും അന്നത്തെ തിരുവചനത്തിൽ അവിടുത്തെ ആ ദേവദാസൻ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടന്ന് മാറി എൻ്റെ പാവങ്ങൾ ക്ഷമിക്കുന്നൊരു ദൈവം അതെത്ര ചുമപ്പാണ് രക്താംബരം പോലെ ചുമപ്പാണെങ്കിലും അത് പഞ്ഞുപോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ എത്തിയല്ലോ എനിക്ക് അവിടെ ഇരുന്ന് എൻ്റെ ശരീരം കുളിരുപോയി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷത്തലം നിന്ന് നിറഞ്ഞു അന്ന് എനിക്ക് ആ ജയിലിൽ നിന്ന് തന്ന ബൈബിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതാന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞവർ ഇത് വായിക്കുമ്പോൾ ചന്ദ്രൻ മത്തായ സുവിശേഷം മുതൽ വായിക്കണം അതിലാണ് കർത്താവായ യേശു കർത്താവിൻ്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പ് എഴുതിയിരിക്കുന്നു അത് ചന്ദ്രൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഞാനിതങ്ങോട്ട് വായിക്കുവാനായിട്ട് തുടങ്ങി ഇതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ എൻ്റെ കണ്ണുടക്കി അവളൊരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക അവൻ യേശു എന്നു പേരിടയണം എനിക്കൊരു കാര്യം ആ ജയിലിൽ വെച്ച് ഉറപ്പായി എന്നെ എൻ്റെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാൻവേലെന്ന് പേർ വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെയെന്ന് അർത്ഥമുള്ള പേർ എനിക്ക് അതിലും വലിയ സന്തോഷം ആ വാക്യം വായിച്ചപ്പോഴത്തേക്കുണ്ടായി എന്നോട് കൂടെയിരിക്കുന്നൊരു ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭാഗ്യമുള്ളവനായിത്തീർന്നു ഞാൻ ഈ ബൈബിൾ അവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടു തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഞാനവിടെ വന്ന ആ കർത്താവിൻ്റെ ദാസിനോട് ചോദിച്ചു ഇതെന്താണിങ്ങനെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം അോട് ഇങ്ങനെ പറഞ്ഞു ചന്ദ്രൻ മനുഷ്യരോടും ദൈവത്തോടും എന്തെങ്കിലും ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചന്ദ്രൻ്റെ കരുണ ലഭിക്കാത്തതിൻ്റെ കാരണമെന്നുള്ളത് ഞാൻ ഓടി അവിടുത്തെ സൂപ്പറിൻ്റെ അടുത്ത് ചെന്നു നമ്മുടെ സാറേ എനിക്കൊരു സങ്കടമുണ്ട് അദ്ദേഹം ചോദിച്ചു എന്താ എൻ്റെ കേസിനെല്ലാം എനിക്ക് കുറ്റം സമ്മതിക്കണമെന്നു പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ നിനക്ക് എന്താ വല്ലതും കുഴപ്പവും പറ്റിയോ നീ നിന്റെ വക്കീലന്മാരും എല്ലാവരും നീയും കൂടി കോടതിയിൽ ഇങ്ങനെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വാദിച്ചിട്ടാണ് ഇപ്പം തന്നെ ഒരു നാൽപ്പത് കൊല്ലം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നീ അങ്ങോട്ട് കുറ്റം സമ്മതിച്ചൊരു നൂറ്റി ഇരുപത് കൊല്ലം ശിക്ഷ വാങ്ങിച്ചിവിടെ വന്ന് കരയണ കാണാനാണ് കുറ്റം സമ്മതിക്കാൻ വന്നു പോയി കിടക്കടാ അവിടെ ഇവിടെ തോന്നുന്നു പോരെ സാറേ എനിക്കിതിന് അനുവദിക്കണമെന്ന് അദ്ദേഹം എൻ്റെ മനസ്സില്ലാ മനസ്സോടുകൂടി എൻ്റെ ഇത് സമ്മതിച്ചു ഞാനദ്ദേഹത്തിലോട് ചോദിച്ചു ഇപ്പം നാൽപ്പത് വയസ്സുണ്ട് ഈ എൺപത് കൊല്ലം ശിക്ഷ ഇവിടെ അനുഭവിക്കുമെന്ന് സാറിന് വല്ല ഉറപ്പും പറയാൻ പറ്റുമോ അതിനു മുമ്പ് ഞാൻ മരിച്ചാലോ അപ്പോൾ പിന്നെ അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അനുവദിച്ചത് ഞാൻ പറയാം അതൊന്നും പറയാൻ പറ്റത്തില്ല നീ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ കൊടുത്തു അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ കേസിലും ഉച്ച സമ്മതിച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് കൊടുത്തു അവിടെ ഇരുന്ന ജഡ്ജിക്കൊരു കാര്യം മനസ്സിലായി ഇവൻ ഇത്രയും വലിയ ശിക്ഷ കിട്ടിയത് കൊണ്ട് ഇവൻ്റെ നില മാനസിക നില തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഇവൻ ഈ കുറ്റം സംബന്ധിച്ചുകൊണ്ട് ഈ അപേക്ഷ വന്നിരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഫയൽ താത്തി വെച്ചു ഈ ഫയൽ അന്ന് തന്നെ പരിശോധിച്ച് മാറ്റേണ്ട ഫയലാണ് അദ്ദേഹം എന്തെങ്കിലും ഇതിനകത്ത് എഴുതണം ഒന്നെങ്കിലിത് ഇന്ന ദിവസത്തേക്ക് മാറ്റിവെച്ചു അല്ലെങ്കിൽ ഇത് നടപടിക്കെടുക്കുന്നില്ല ഏതെങ്കിലും ഒരു കാര്യം ഇതിൽ എഴുതാതെ വെക്കണം എന്നാലൊന്നും അദ്ദേഹം എഴുതാഞ്ഞതുകൊണ്ട് ഇത് നടപടിയില്ലാത്ത ഫയലിലേക്കന്ന് പോയി എന്നാൽ എല്ലാ വർഷവും അവിടെ ഫയൽ പരിശോധിച്ചപ്പോൾ ഇത് കണ്ടില്ല ഏതാണ്ട് മൂന്നര വർഷം കൂടി ഞാൻ ജയിലിൽ കിടന്നു എന്തിനാണെന്നറിയോ എൻ്റെ കർത്താവ് എന്നെ ജയിലിൽ കിടത്തിയത് ഈ തിരുവചന എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ അന്ന് കുറ്റം സമ്മതിച്ച് എന്നെ അന്ന് കോടതി വിട്ടിരുന്നുവെങ്കിൽ വീണ്ടും ഞാൻ ചിലപ്പോൾ ഈ വചനം പഠിക്കാഞ്ഞതുകൊണ്ട് എൻ്റെ പഴയ ഇതിലേക്ക് ഞാൻ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ എൻ്റെ കർത്താവ് ഈ തിരുവചനത്തിൽ നിന്നും എന്നെ സത്യം പഠിപ്പിച്ചു ഞാൻ മൂന്നര വർഷം കൂടി അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന് മനസ്സിലായി ഇവനെ വിടാൻ യോഗ്യനാണ് അതുപോലെ തന്നെ എനിക്ക് വലിയൊരു മോചനം ജയിലിൽ ലഭിച്ചു ഇനി മൂന്ന് പ്രാവശ്യം വെട്ടം കണ്ടിരുന്നിടത്ത് നിന്നും ഞാനിത് കരയുകയും വായിക്കുകയും ചെയ്യുന്നതും അതിനകത്ത് കിടന്ന് തുള്ളിച്ചാടുന്നതൊക്കെ ഒരു ദിവസം സൂപ്രണ്ട് വിളിപ്പിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്കെന്താ ആകെ തകർന്നു കുറ്റം സംബന്ധിച്ച് നീ കോടതിയിലും അപേക്ഷ കൊടുത്തു ആ അതുപോലെ തന്നെ ഇപ്പം എന്തിനാണ് നീ ജയിലിൽ കിടന്ന് തുള്ളിച്ചാടുന്നതെന്ന് ചോദിച്ചു ഞാൻ തുള്ളിച്ചാടിയതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നിത്യതയുള്ളൊരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് എനിക്ക് ഇവിടെ അല്ല ഇവിടെ കിടന്നാലും എൻ്റെ കർത്താവുമായിട്ട് ഈ തിരുവോചനവുമായിട്ട് ജീവിച്ചാൽ എനിക്ക് ഒരു നിത്യതയിലെത്താമെന്നുള്ള സന്തോഷമാണ് ഞാനവിടെ തുള്ളിച്ചാരി അതുപോലെ ഞാനവിടെ പൊട്ടിക്കരഞ്ഞു ഞാൻ ചെയ്ത പാപം എത്ര വലുതാണെന്ന് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ എത്ര കൂരനായിരുന്നു അതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് ആ സൂപ്പറിൻ്റെ പറഞ്ഞ് നിന്ന് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇനി എന്നെ കൊണ്ട് കുഴപ്പമായി ഈ ബൈബിൾ എടുക്കുന്ന ഒരെണ്ണവും ജയിലിൽ പിന്നെ അനുസരണക്കുറവുള്ളവരല്ല ജയിലുകാർക്ക് ദോഷമുള്ളവരല്ലെന്നറിയാം അദ്ദേഹം പറഞ്ഞ് നിന്നെ മുപ്പത്തിരണ്ട് പേർ കിടക്കുന്ന ഒരു സെല്ലിൽ ഒരു ബ്ലോക്കിലേക്ക് മാറ്റി കഴിഞ്ഞു അങ്ങനെ അവിടെയും ദൈവം എനിക്കൊരു മോചനം തന്നു അവിടെയും അവരുടെ കൂട്ടത്തിൽ എല്ലാവരും പുകവലിക്കാരും തോന്നിവാസക്കാരുമായിരുന്ന അവരുടെ അടുത്ത് പുകവലി ഇല്ലാത്തവനായിട്ട് ഈ പുസ്തകം വായിച്ചു കൊണ്ട് സന്തോഷമുള്ളവനായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു മൂന്നര വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും കോടതിയിൽ കണ്ടു അവർ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഇന്ന് ചെയ്യുന്ന ഏതൊരു കേസിനെ കുറിച്ച് നമുക്ക് ചെന്നാലും കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരു സെക്കൻഡ് കൊണ്ട് വെക്കും അങ്ങനെ എല്ലാ കേസും എല്ലാ വർഷവും നോക്കിയിട്ട് അവർ കണ്ടില്ല എന്നാൽ മൂന്ന് നാലര വർഷം ഞാൻ ശിക്ഷ അനുഭവിച്ചപ്പോൾ അത് കോടതി കണ്ടു അവിടെ ജഡ്ജി ജയിലിലേക്ക് എഴുതി ചോദിച്ചു ഈ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ജെ കക്ഷി ജയിലിലുണ്ടെന്ന് അന്നിരുന്ന ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഇങ്ങനെ മറുപടി കൊടുത്തു എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ സൂപ്രണ്ടിനെ കൊണ്ട് ഇങ്ങനെ മറുപടി കൊളിപ്പിച്ചു ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് ഇവനെ ഇവിടെ ഒരു ദൈവഭക്തനായിട്ട് കാണുന്നു ഇവനിവിടെ ബൈബിൾ വായിക്കുന്നു ഇവനെ നല്ല നടപ്പിൽ ഞങ്ങൾ ഒന്നാമനായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് ആ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് കോടതിക്ക് മറുപടി കൊടുത്തു ആ കോടതിയുടെ ഹൃദയത്തിൽ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ യേശു കർത്താവ് ഇടപെട്ടു ഞാൻ അന്നുവരെ അനുഭവിച്ചിരുന്ന ആ നാലര വർഷത്തെ ശിഷ്യമതിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്ന നെയ്യക്കുമായി രണ്ടായിരത്തി നാല് പതിനൊന്നാം മാസം പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ പടിയിറക്കി ഞാൻ ഏറ്റവും ഭാഗ്യമുള്ളവനായിത്തീർന്നു ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇപ്പം നമ്മൾ വായിച്ചതുപോലെ ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിച്ചിട്ടില്ല അസത്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഞാൻ ജയിലിൽ നിന്ന് ഈ ബൈബിളുമായിട്ട് എന്നെ സ്നേഹിച്ചിരുന്ന ചില ദേവസന്മാരുടെ അടുത്തേക്ക് അവരും പേടിച്ചു കാര്യം നാൽപ്പത് കൊല്ലത്തെ ശിക്ഷ അവരവിടെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ജയിലിലെ ട്രേഷറിൽ അവർ കണ്ടിട്ടുള്ളതാണ് നാല് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇവൻ എങ്ങനെ വന്നു ഇനി ജയിലിൽ ചാടിയോ അതവർക്കൊരു സംശയം അവരെന്നെ തള്ളിക്കളഞ്ഞു എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദൈവദാസനെ കരുതി വെച്ചിരുന്നു അദ്ദേഹം ആ ഫൈ ഫൈത്വമിൽ എന്നെ കിടക്കുവാനായിട്ട് വീട്ടുകാരും എന്നെ തള്ളി അവർ പറഞ്ഞ് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് നീ ഈ വീട്ടിൽ കിടക്കാൻ പറ്റിയിരുന്നു അത് ഞങ്ങൾക്ക് ദൈവമില്ലെന്ന് പറയണ ഒരു കൂട്ടരുടെ കൂടെ അതുകൊണ്ട് ഇവിടെ ഇത് പറ്റിയിരുന്നു അവരും എന്നെ ഇറക്കി എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൈവദാസനെയും കുടുംബത്തെയും എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു ആലപ്പുഴ പട്ടണത്തിൽ എൻ്റെ നാട്ടിലൊരു സഭയിലും എന്നെ എടുത്ത് എന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു യോസ്വലപ്പാടാണ് എന്നെ അവരെടുത്ത് കൊണ്ടുവന്ന് അവർ പറഞ്ഞു ഇവനെ ഞങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അറിയത്തില്ല നാളെ നിങ്ങളെയും കൂടി അടിച്ചു മാറ്റിയെന്നും പറഞ്ഞു നിങ്ങളിവിടെ പരാതിയും കൊണ്ടുവരും മുഹമ്മദ് ചന്ദ്രനെ നിങ്ങൾക്ക് വലുതറിയാവോ ഇവനൊരിക്കലും നന്നാകും ഇവന് ഒരിക്കലും എൻ്റെ സ്വഭാവം മാറ്റത്തില്ല ഇവൻ ചീലിച്ചു പോയതാണ് എന്നാല കർത്താവിൻ്റെ ദാസം പറഞ്ഞു എന്ത് ഇനി കുറ്റമുണ്ടായാലും ഞങ്ങളുടെ ദൈവം വിളിയിച്ച മനുഷ്യൻ ഇനി ചെയ്യരുന്ന് എനിക്ക് ഇനി എന്ത് വന്നാലും ഞാനത് ഏറ്റവും നിങ്ങളെഴുതി വെക്കണമെന്ന് അങ്ങനെ ഞാൻ എന്ത് കുറ്റം ചെയ്താലും ജോസ് വലപ്പാട് അത് എൻ്റെ ഉത്തരവാദിയാണെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടാണ് എന്നെ അവരുടെ കൂടെ വിട്ടത് അനെ ദൈവം കൂടുതൽ സ്നേഹിച്ചു എനിക്ക് ആലപ്പുഴ പട്ടണത്തിൽ വീട് വന്നു എന്നെപ്പോലൊരു വ്യക്തിക്ക് സമൂഹത്തിൽ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു ഏതെങ്കിലും ഒരു നമുക്കൊന്ന് ഊഹിക്കാനെങ്കിലും കഴിയും ഒരു കള്ളൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞൊരു കുടുംബത്തിൽ എന്നിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച അടിയാണ് നമ്മളൊക്കെ ആണെങ്കിൽ പറയും ഞങ്ങൾ ഇവിടെ ഇവിടെ വേണ്ട ഇതിനെ പോകും നല്ല സ്വർഗ്ഗത്തിലെ ദൈവം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിത പങ്കാളിയായി എന്നെ ഡോക്ടർമാരെ എഴുതിയിരുന്നു ഇനി ഇവനെ ഒന്നിനും റാൻസ് ഹോമിലെ പരസ്യം പോലെ ആയിരുന്നു അപ്പോൾ അവര് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇവന ഇനി ഇവൻ്റെ എല്ലാം ഒരു കല്യാണമൊന്നും കഴിക്കാൻ യോഗ്യനല്ലെന്നവർ ഇതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും കൂടിയും ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിരുന്നു കാട്ടു ഞങ്ങൾക്ക് മോശയെപ്പോലൊരു കുഞ്ഞിനെ തന്നെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങൾ രണ്ടുപേരും ഇരുന്നറാണ് ഞങ്ങൾക്ക് ദൈവം നല്ല വെളുത്ത് നല്ല സുന്ദരനായ ഒരു മോനെ തന്നു അപ്പോൾ മൂന്നേക വയസ്സുണ്ട് ആലപ്പുഴ പട്ടണത്തിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷമുള്ളവരായിട്ട് എന്നാലും ഈ ജയിലിൽ നിന്ന് റിലീസാകുന്ന എൻ്റെ തലേന്ന് രാത്രി ദൈവം എനിക്കൊരു ഈ തിരുവചനം വായിച്ച് ഞാനത് വായിച്ചിട്ടാണ് അന്ന് കിടന്നത് എന്നും ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഇത് വായി വായിച്ചപ്പോഴത്തേക്ക് ദൈവം എനിക്കൊരു താക്കീത് പോലുള്ള എനിക്ക് യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം എൻ്റെ പത്താമത്തെ വാക്യം പോക ഇനി പാവം ചെയ്യൽ ഈ വചനം വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജയിലിൽ നിന്ന് റിലീസാക്കുന്നതിൻ്റെ കലയിൽ നിന്ന് രാത്രിയിൽ കിടന്നുപോകുന്നത് ഞാനീതിന്നും ഈ വചനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയും എൻ്റെ അനുഗ്രഹവുമായിട്ടിരിക്കുന്നത് എനിക്കിത് ഓർക്കുമ്പോൾ ഒരു പാവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയാത്ത വിധം എൻ്റെ ദൈവം വലിയ ആ രക്ഷയെക്കുറിച്ച് ഞാൻ ഓർത്തുപോകും ഞാനങ്ങനത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ എന്നെ സ്നേഹിച്ച് ദൈവം എത്ര വലിയ സ്നേഹമാണ് ഇതുപോലെ ഒരു ഈ ലോകത്തിലെന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ ഇത്രയും കഠിനഗൃഹനായിരുന്നു എന്നെ മനുഷ്യർക്ക് കൊള്ളാവുന്നതിനാക്ക് തീർത്തത് എൻ്റെ വലിയ പാവം ക്ഷമിച്ച് തന്നത് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അറിവ് ഇല്ലായ്മയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എന്തെങ്കിലും പിഴവുകളെ എൻ്റെ ദൈവം എൻ്റെ കർത്താവും എൻ്റെ യേശു എത്ര അധികമായിട്ട് ക്ഷമിക്കും അതുകൊണ്ട് നിങ്ങളെ എത്ര അധികം എൻ്റെ യേശു സ്നേഹിക്കുന്നു എന്നെ വിളിവിച്ച് ഈ കർത്താവ് നിങ്ങളെ എത്ര അധികം സ്നേഹിക്കുന്നു നിങ്ങളാരെങ്കിലും നിങ്ങളെ ഒന്നിനും കൊള്ളില്ല നിങ്ങളെ ഇനി എന്താണ് എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്നോ അല്ലെങ്കിൽ ഞാനൊന്നും അല്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ നിങ്ങളെ എൻ്റെ കർത്താവ് പണിയും എൻ്റെ കർത്താവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു എന്നോട് പോലീസ് പലരും പല സ്ഥലത്തും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെന്നോട് ചോദിക്കും അല്ലേ ചന്ദ്ര നീ ഈ ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഒരു രാത്രി അഞ്ചും പത്തും ലക്ഷം രൂപ അടിച്ചു മാറ്റി സുഖിച്ച് നടന്നുവാനുണ്ട് നിനക്കിപ്പോൾ ഈ ബൈബിളും പിടിച്ചോണ്ട് നീ എങ്ങനെ ഈ ഒരു ചുരുങ്ങിയ അവസ്ഥയിൽ നടക്കാനായിട്ട് കഴിയുന്നു ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും സന്തോഷം ഇനി എൻ്റെ ഇവ സന്തോഷം കണ്ടുകൊണ്ട് അവർ ചോദിക്കണം നിനക്ക് എങ്ങനെ ഇത്ര വലിയ സന്തോഷം വന്നു നിൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം എങ്ങനെ സംഭവിച്ചു ഇതിൽ ഇന്ന് നിനക്കെന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒന്നും വേറെ ഒന്നുമില്ല ഈ തിരുവചനമാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി ഇതിനാ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ധനം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഈ സമാധാനം മാത്രമേ കിട്ടുകയുള്ളൂ ഞാൻ പറഞ്ഞു സാറേ പലരെയും ഞാനത് അവരെ കൊണ്ട് എൻ്റെ കയ്യിലിരുന്ന ബൈബിളിൽ നിന്നും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്നും ഞാൻ അവരെ കൊണ്ട് വായിപ്പിച്ചു റോമർക്കെടുതിയ ലേഖനം അതിൻ്റെ പത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വനെന്നും യഹൂദനെന്നും വ്യത്യാസമില്ല കർത്താവ് എല്ലാവർക്കും ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാവുന്നു ഈ കർത്താവാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് എന്നെ ശ്രമിച്ച കുഞ്ഞുങ്ങളെ അങ്കൾ മോശക്കാരനായിരുന്നു അങ്കിൾ എന്നാൽ നല്ലൊരു നിലയിൽ ഒരു കർത്താവിൻ്റെ ദാസനായിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും അങ്കിള് ചോദിക്കേണ്ട പോലെ ചോദിക്കാതെ അങ്ങൾ മറ്റുള്ളവരെ അപകരിക്കാൻ പോയതുകൊണ്ടാണ് അങ്കിൽ നിന്ന് സംഭവിച്ചത് അങ്ങൾ അനുഭവിച്ച വേദനയും തല്ലും ഇടിയും അതിൻ്റെയൊക്കെ കാരണം മാതാപിതാക്കളെ അനുസരിക്കാതെ തിരുവചനം മനസ്സിലാക്കാതെ ജീവിച്ചത് കൊണ്ടാണ് എന്നാൽ സർവത്തിന് സമ്പന്നനായ കർത്താവിനോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കർത്താവ് തരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളത് ചോദിച്ച് വാങ്ങണം എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും